യേശുവേ ശൂര്യൻ യേശുവേ രക്ഷിതാവേ സ്നേഹത്തിൻ നാഥാവേ വിജ്ഞാനാം ദൂയോ അവിശേഷണാം വിജ്ഞാനം വകാം യേകോ ബലവാന മം കമ്പയതേ സയദാ ബലി ഭൗതി അഥോ തദാ ഭൗതി ഉകൃഷ്ണൻ പരിജൃത ഭൗതി പരിജരണ ഉപസത ഭൗതി ോ മോർണ്ൃഥി തിഷതിലേന പവതമനുഷ്യ യാളിംഗ് യഥാർത്ഥം <coughs> <coughs> യുപയോഗമസ്മത് സുരുഷല ഉത്ഥാന കിട്ടുമാചാര്യ പരിചരത പരിചരണ ശുശ്രൂഷ കൂട്ടോ സമീപിംഗ്ഗ്രചാര്യോക്തോതം പത്തിത് മത മന്മാനസോമേ ഇതിത്യുക്ത അനുഷ്ഠാന വിജ്ഞാതനുഷ്ഠാന ഫലുഭവിത്രോത മമതാ ഭവതി ബോദ്ധഭവതി കർത്ത ഭവതി വിജ്ഞാതഭവതി അതിനോട് വ്യാഖ്യാനിക്കുന്നത് ബലം ബലം കൊണ്ടാണോ പരിചരിത ശുശ്രൂഷൻ ഉപസത്ത സമീപ അന്തരംഗതി സമീപ്യം കച്ചഗ്രതയാചാര്യ അന്യസോ ഗുരുദൃ ഗുരുവിന്റെ ഉപദേശം അതിനുഗ്രഹിക്കണമെങ്കിൽ അതിന് ഭരണ ദ്യം പരിചരിയും മറ്റും പറയുന്നത് കായബലം ശരീരത്തിന്റെ ബലം തുടർന്ന് പറയുന്നു മനസ്സിന്റെ ബലം ബലം ആവശ്യമാണ് അത് മനസ്സിന്റെ ബലമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും തത്യുധം ഉപപത്യത മന്ദി മനസ്സിന് ബലമുണ്ടെങ്കിൽ മനനം സാധ്യമാകും ബലമില്ലാത്തവർക്ക് കേട്ടുകഴിഞ്ഞാൽ പറയും ആപാതജ്ഞാനം പറയും എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ സാമാന്യമായി എന്തെങ്കിലും ബോധിക്കും നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിലാണ് ഒരാൾ പറയുന്നതെങ്കിലും കേട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തോന്നും ശരിയായിക്കൊള്ളണമെന്നില്ല ശരിയായാൽ തന്നെ അത് പൂർണ്ണമാകണമെന്നില്ല സംശയം തുടങ്ങി ദോഷങ്ങളതിൽ വരും ആശ്രമത്തിൽ നിന്നുണ്ടാകുന്ന അറിവില് പക്ഷെ ഇവിടെ ബലമുള്ളവന് ചിന്തിക്കുന്നതിനും മനനം ചെയ്യുന്നതിനുള്ള ബലമുള്ളവന് മാത്രമേ ശരിക്കും എന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിയും ഇതം ഏ വിരുത്തം ഏമ്യത അതിന്റെ ഉപപത്തിന്റെ ഉപപത്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ബലം കൊണ്ടേ സാധ്യമാണ് മനസ്സിന്റെ ബലം എന്ന് പറയുന്ന എന്താണ് പറഞ്ഞു കായ ബലമുണ്ടെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂ പരിചരിക്കാൻ കഴിയൂ ഇതെല്ലാം േദവുമായിട്ടും വിദ്യയുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിയ പറയുന്നു ശരീരത്തെ സംബന്ധിച്ചത് ശരിയാണ് പക്ഷെ മനസ്സിന് ബലമുണ്ടെങ്കിലേ ഗ്രഹിക്കാൻ ഉപപത്തി ഏത് കാര്യങ്ങളും ഉപപത്തിയിലൂടെ യുക്തിയിലൂടെ ഗ്രഹിക്കുന്നു യുക്തിയിലൂടെ ഗ്രഹിക്കുന്നതായിരിക്കും എന്റെ താല്പര്യം യുക്തിയില്ലാതെ ഞങ്ങൾ ശ്രദ്ധയിലൂടെയും ഗ്രഹിക്കാം പക്ഷെ യുക്തിയിലൂടെ എന്റെ താല്പര്യത്തെ കണ്ടെത്തണം ശ്രദ്ധ എന്ന് പറയുമ്പം ഞങ്ങൾ വിശ്വാസം അതൊരു വിശ്വാസത്തിന്റെ തലത്തിലാവുമ്പോ ഗ്രഹിക്കുന്നത് ചിലപ്പോൾ അബദ്ധമാകാം താല്പര്യം തന്നെ ഗ്രഹിക്കണമെന്ന അതുകൊണ്ടാണ് പറയുന്നത് ബലം കൊണ്ട് ഗ്രഹിക്കാൻ ആ ബലമെന്ന് പറയുന്നത് എന്താ മനസ്സിന്റെ ബലം അത് മനസ്സിന്റെ സൂക്ഷ്മത ആ തത്വഗ്രഹണ സാമർഥ്യത്തിനുള്ള സൂക്ഷ്മത ഇരുഭാഷികാരം പറഞ്ഞല്ലോ ഏകാഗ്രത ആ ഏകാഗ്രതയാണ് ശരിക്കും ബലമെന്ന് പറയുന്നത് സൂക്ഷ്മമായ തത്വങ്ങൾ ഗ്രഹിക്കുന്നതിന് മനസ്സിന് കൂടുതൽ ഏകാഗ്രതയാണ് മനസ്സ് കൂടുതൽ സൂക്ഷ്മ മനസാമർ മന്ദാഭവതി അതാണ് മനസ്സിൻ്റെ കായ ബലമെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നതാണ് അത് സ്ഥൂലതയാണ് കായശക്തി മനസ്സിനു നേരെ തിരിച്ചു മനസ് പ്രാണൻ എല്ലാം സൂക്ഷ്മമാകുമ്പോഴാണ് അതിന് ബലം കൂടുന്നത് മന്ദാഭൂതി അങ്ങനെ സൂക്ഷ്മമായി ഉപപത്തിയിലൂടെ മനനം ചെയ്യുന്നു ബോദ്ധൂതി ഉപപത്തിത മന്ദ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു യുക്തിയുക്തമായ മനനത്തിലൂടെ നിങ്ങളൊരു കാര്യം ഗ്രഹിക്കുന്നു എന്നാൽ അവിടെ യുക്തി എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രഹണത്തിൽ പോരായ്മ വേണ്ട നേരത്ത് ചില കാര്യങ്ങൾ നമ്മളങ്ങനെ അംഗീകരിക്കാൻ നിർബന്ധിതനാകുകയാണ് കേവല വിശ്വാസം കൊണ്ട് മാത്രം അതുപോലെ ഇവിടെ ശാസ്ത്രീയമായ കാര്യങ്ങളിൽ അതുപോലെ അല്ലെങ്കിൽ അത്രയും തെളിഞ്ഞ ബുദ്ധിയായിരിക്കും ഗോപത്ത് യുക്തി കൊണ്ടും മനനം കൊണ്ടും ദോഷങ്ങളെല്ലാം മാറി ബുദ്ധിയായിരിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ തത്വം പ്രകാശിക്കും അവിടെ കേവല ശ്രദ്ധ മാത്രം മതി ആ ശ്രദ്ധ കേവലമായ വിശ്വാസം അല്ല കാരണം വിശ്വാസം മൂഢനുമാവാം അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നു ഉപപത്തിദേഹം എന്താ യുക്തി കൊണ്ട് വേണം മനം ചെയ്യേണ്ടത് നമ്മൾ യുക്തിക്ക് നിരക്കാതെ ഒന്നിനെ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാകണമെങ്കിൽ എന്താണ് നമ്മുടെ യുക്തിയുടെ പോരായ്മയാണ് അത് ബുദ്ധിയുടെ പോരായ്മയുണ്ട് അതിന്റെ സൂക്ഷ്മതയില്ലാത്ത യുക്തിയുക്തം ഉപാധിയും എന്ന് പറയുന്നതാണ് അതെ ആത്യന്തികമായി സ്വീകരിക്കാൻ പാടുള്ളൂ സ്വീകരിക്കാൻ നിർബന്ധിതനായി എന്ന യുക്തിയില്ല പറഞ്ഞതും ഒരു ഗതി കേട്ടാണ് നമ്മുടെ ബുദ്ധി അവിടെ എത്തിച്ചേരുന്നില്ല സൂക്ഷ്മതയിൽ എത്തിച്ചേരുന്നില്ല ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ യുക്തിയെ കൂടി സ്വീകരിക്കുക അങ്ങനെ ബോദ്ധബോധി അങ്ങനെ വേണം ബോധമുണ്ടാവലും നാരദനെ സംബന്ധിച്ചെന്താ പ്രശ്നം ശാസ്ത്രങ്ങളെല്ലാം ധരിച്ചു പക്ഷെ ദുഃഖ നിവൃത്തി ഉണ്ടായി ധാരണ എന്ന് പറയുന്നത് ആപാദം ഞാനും സാമാന്യമായ ഒരാളുണ്ടായാലും ആപാദം ഞാനുമുണ്ടായാലും നമ്മളതിനെ ധരിച്ചു എന്ന് പറയാം ശാസ്ത്രമെല്ലാം ഗ്രഹിച്ചു നമ്മളുടെ ഇത്രയും ഇത്രയെല്ലാം ഗ്രഹിച്ചു ശ്രവിച്ചു പക്ഷെ എല്ലാവരും ഗ്രഹിക്കുന്ന ഒരുപോലെയാണോ അല്ല പക്ഷേ അതിൻ്റെ താല്പര്യത്തെ എത്തിച്ചേര് അതുകൊണ്ട് ദുഃഖം നിവൃത്തി സംഭവിക്കണം തിന് ഉപപത്തി ഉപപത്തിയിലൂടെ മനനം ചെയ്ത് ബോധിക്കുന്നു എന്നാൽ മാത്രമേ അത് ദൃഢമാകത്തുള്ളൂ അറിയാമല്ലോ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു പക്ഷെ എല്ലാം മനസ്സിൽ നിന്ന് വിട്ടുപോകും പക്ഷെ അത് ഏകാന്തമായി ഏകാഗ്രമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ തന്നെ ആയിരിക്കും മനസ്സിൽ എന്ന് പറയും മനസ്സ് സൂക്ഷ്മമായി ഗ്രഹിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചാനുഭവം നിരന്തരം മനസ്സ് ശബ്ദസ്പർശ രൂപന്ധ പ്രപഞ്ചാനുഭവത്തിലൂടെ ഇങ്ങനെ കടന്നുപോവുകയാണ് മനസ്സിൽ ഓർമ്മിച്ചു വയ്ക്കുന്നില്ല സൂക്ഷിച്ചുവെക്കുന്നില്ല അതെല്ലാം വിട്ടുപോകുന്നു എന്തുകൊണ്ടല്ല സ്ഥൂലം സ്ഥൂലമായാലും മനസ്സ് സൂക്ഷിക്കത്തില്ല ചെല്ലു എന്താണ് ഒരു അടി കിട്ടി മനസ്സിന് അത് മറക്കത്തില്ല മനസ്സിൽ ഏകാഗ്രമായഗ്രഹിച്ചാൽ മറക്കത്തില്ല അപ്പം ഏകാഗ്രമായി താല്പര്യത്തെ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ബോധവാകാത്തത് വേദത്തെ സംബന്ധിച്ചിടത്തോളം ആ വേദത്തിന്റെ താല്പര്യത്തെ ബോധിക്കുക രണ്ടു കാര്യത്തിലാണ് ഒന്ന് കർമ്മത്തിന് വേണ്ടി മറ്റൊന്ന് മോക്ഷത്തിന് വേണ്ടി ഇവിടെ രണ്ടിനെയും കണക്കിലെടുത്തുകൊണ്ട് പറയുന്നത് നിശ്ചിത്യ അനുഷ്ഠാതഭവതി ആ താല്പര്യത്തെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഇതാണ് വേദ താല്പര്യം പിന്നെ എന്താണോ ഒരാൾക്ക് ഏതാണോ താല്പര്യം കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണെങ്കിൽ ചെയ്യുന്നു ഉപാസനകൾ അനുഷ്ഠിക്കാനെങ്കിൽ അത് ചെയ്യുന്നു മറിച്ച് ജ്ഞാനം ദോഷങ്ങൾ പരിഹരിക്കാനാണെങ്കിൽ സംശയാദി ദോഷങ്ങൾ പരിഹരിക്കാനാണെങ്കിൽ അതിന്റെ ശ്രവണമനനാദികൾ ചെയ്യുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാൽ വിജ്ഞാത അനുഷ്ഠാന അനുഭവിതാഭൂതി അയാളുടെ അനുഷ്ഠാനത്തിന്റെ ഫലത്തെ അയാൾ അനുഭവിക്കുന്നു ഏത് തരത്തിലും വരാം കർമ്മത്തിന്റെയോ ഉപാസനയുടെയോ ജ്ഞാനത്തിന്റെയോ ഏതനുഷ്ഠാനമാണ് അയാളുള്ളത് കർമാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ അതിനുള്ള വസ്തുക്കളെല്ലാം ശേഖരിക്കുക അത് പ്രവർത്തിക്കുക ഉപാസനയുടെ അനുഷ്ഠാനം മാനസികമായി ഉപാസന ചെയ്യുക തത്വജ്ഞാനത്തിന് വേണ്ടിയുള്ള അനുഷ്ഠാനം തത്വശ്രവണ മനനങ്ങൾ ചെയ്യും എന്തായാലും അതിന്റെ ഫലം അനുഭവിത ഭവതി അനുഭവത്തിലെത്തിച്ചേരുന്നു ആ അനുഭവമാണ് ശോകം നിവർത്തിക്കുക ഉപകരിക്കുന്നത് അതിന് അതിൽ ബലത്തിന്റെ പറയുന്നു അതും ആവശ്യമാണ് ഇതിനെക്കൂടി അറിയണം എന്ന് പറയണം ബുഹിയോ ഇതും മനസ്സിലാക്കണം ആധ്യാത്മികമായ സാധനയുടെ ഫലം ശോകന് പുരുത്തി അതിന് പലതിൻ്റെയും കുറവ് വരാം ഏതിൻ്റെ എല്ലാം കുറവ് വരാം എന്നാണ് പറയുന്നത് ഓരോ കാര്യങ്ങൾ ഇതിൻ്റെയെല്ലാം ന്യൂനത സംഭവിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാന പൂർത്തി സംഭവിക്കത്തില്ല എല്ലാം ഇവിടെ പറയുന്നുണ്ടോ ഇല്ല ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു ചില കാര്യങ്ങൾ പറഞ്ഞറിയേണ്ടതാണ് ചില കാര്യങ്ങൾ സ്വയം അറിയേണ്ടതുണ്ട് പറയാതെയും പല കാര്യങ്ങളും അറിയേണ്ടതുണ്ട് ഇത്രയും മതിയോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഇനിയും പലതും കാണും അതൊക്കെ സ്വയം ചിലതറിയേണ്ടി വരും ചില ഒരു സ്ഥലത്തുനിന്ന് ഒന്നറിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തുനിന്ന് വേറെ ഒന്നറിയേണ്ടി വരും പക്ഷെ ഇത് ആ ബലം മാനസിക മനന സാമർഥ്യത്തിനുള്ള മനസ്സിന്റെ സൂക്ഷ്മത ഏകാഗ്രത ഏകാന്തത അത് ബലത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നത് അനുഭവിതാ ഭഗവതി എന്താണോ എന്തിനാ എന്തിനാ എന്താണോ നിന്റെ അനുഷ്ഠാനത്തിന്റെ ഫലമായ അനുഭവം അതിൻ്റെതാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മളനുഷ്ഠാനത്തിനും ചിലപ്പോൾ നമുക്ക് ഫലമില്ലാതെ വരുന്നത് അനുഷ്ഠാനമുണ്ട് പക്ഷെ ഫലം കാണുന്നില്ല ഏതായാലും ശരി ചിലർ ജപിക്കുന്നു ഫലം കിട്ടുന്നില്ല ധ്യാനിക്കുന്നു ഫലം കിട്ടുന്നില്ല അങ്ങനെ വരുന്നുണ്ടല്ലോ ചിലർ മനനം ചെയ്യുന്നു ഫലം കിട്ടുന്നില്ല അവിടെ യോഗ്യതകൾ പൂർണ്ണമാവുന്നില്ല ഇവിടെ ആ മാനസിക ബലം പൂർണമാകുമ്പോൾ അനുഭവം ഉണ്ടാകും ദുഃഖം നിവൃത്തി ഉണ്ടാകുന്നതാണ് കീഞ്ച ബലസ്യം മഹാത്മ്യം ബലേനവൈ പൃഥിവി തിഷ്ടീ വിദ്യ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ പറയുന്ന എല്ലാ സാധനങ്ങളും ഉപാസനകളും അത് ജീവൻ നിഷ്ടമല്ല അത് പ്രപഞ്ചനിഷ്ഠമാണ് എന്ന് കാണിക്കുകയാണ് ജീവൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് ജീവന്റെയും ഭാഗമാണ് ഈ സാധനവും സാധ്യവുമെല്ലാം ഈ പ്രപഞ്ചത്തെ ആശ്രയിച്ചിട്ടാണ് പ്രപഞ്ചത്തെ നിരാകരിക്കണമെങ്കിൽ പോലും പ്രപഞ്ചത്തെ ആശ്രയിച്ചേരും അതുകൊണ്ടാണ് അതിനെ എല്ലാ ഉപാസനകൾ പറയുമ്പോഴും അതിനെ പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ബലേനവൈ പൃഥ്വി തിഷ്ടതി ബലേന അന്തരീക്ഷം ബലയന ദൂർ ബലേന പർവ്വത ബലയന അദ്ദേഹ മനുഷ്യ പറഞ്ഞു സർവം സർവാത്മകം അങ്ങനെയൊരു ന്യായം സർവവും സർവാത്മകമായിരിക്കും സാധാരണ പറയും എന്താ ആകാശം വ്യാപകമാണ് എല്ലാ സ്ഥലത്തും ഉണ്ടും മനസ്സും വ്യാപകമാണ് സ്ഥലത്തിനെ നമ്മൾ സർവാത്മകമായിട്ട് ഗ്രഹിക്കും ആകാശം വ്യാപകമായോണ്ട് പറയുന്നത് സർവാത്മകമായിരിക്കുന്നു പൃഥിവി പരിച്ഛന്നമാണെന്ന് പറയും പക്ഷെ ഇവിടെ അങ്ങനെ പറയാനുള്ള ഇവിടെ പറയുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒന്നും സർവാത്മകമായിരിക്കില്ല സർവ്വവും സർവാത്മകമായിരിക്കുന്നു ഉദാഹരണമായിട്ട് ഈ ബലത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ബലം സർവാത്മകമായിരിക്കുന്നു ബലേന അന്തരീക്ഷം ബലേന ദൗർബലേന പർവ്വത അത് ഈ പ്രപഞ്ചത്തിന്റെ നാനാത്വത്തെ എടുത്തു കാണിക്കും ബലേന ദൈവമനുഷ്യ ബലേന പശവശ്ശ വയാംസി പക്ഷികൾ മൃഗങ്ങൾ തന്നെ വനസ്പത ശിവപതാനി ആ കീടപതംഗ പിലികം പറയുന്നത് സർവവും ഇവിടെ എന്തെല്ലാം ചരവും അചരവുമായിട്ടുണ്ടോ ജഡവും അജടവുമായിട്ടുണ്ടോ സർവവും ബലേന്ന ലോക തിഷ്ടി ലോകം എന്ന് പറയുമ്പോ എല്ലാം വന്നു പ്രപഞ്ചം ബല ഉപാസ അതുകൊണ്ട് ബലത്തെ ഉപാസിക്കുക ഒന്നിനെ ഉപാസിക്കുന്ന എന്തിനാണ് സാധാരണ എല്ലായിടത്തും പോയി ഉപാസിക്കുക എന്തിനാണ് ഉപാസിക്കുന്നത് ഇവിടെ പറയുന്ന ഈ പ്രപഞ്ചഘടകങ്ങളെയും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഈ ശക്തി വിശേഷങ്ങളെയൊക്കെ ഉപാസിക്കുന്നതിനാ അതിനെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഉപാസിക്കുന്നത് എന്തിനുപാസിക്കുന്ന അത് സ്വായത്തമാകും ഉപാസിക്കുന്നവൻ്റേതായും മാറും ബലത്ത് ഉപാസിച്ചാൽ അവൻ സ്വയം ബലവാനായി മാറും കായികവും മാനസികവുമായിട്ടുള്ള ബലം അത് ശ്രദ്ധിക്കണം എന്നാണ് എന്ന് പറയുകയാണ് കാരണം ഒരുപാട് വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം അവസാനം അധ്യാപകം പറയും ഇന്ന ഇന്ന ഭാഗങ്ങൾ നീ ഇപ്പുറത്തേക്ക് ശ്രദ്ധിക്കണം അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് പറയുമ്പോൾ സർവ്വശാസ്ത്രങ്ങളും അധ്യയനം ചെയ്യുന്നു ഇതുമല്ല അറിയാം പക്ഷേ ഇതിന് ചില പ്രധാന ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കും എന്നാലേ പാസ്സാകാൻ പറ്റും പഠിച്ച പാഠം മുഴുവൻ മനസ്സിൽ ഓർത്തുവച്ചാലും നീ പ്രധാന ഭാഗങ്ങൾ ഓർമ്മയിൽ വന്നില്ലെങ്കിൽ എന്തു സമയത്ത് അതുകൊണ്ടിവിടെ ഗ്രഹിക്കേണ്ട മുഖ്യമായ കാര്യങ്ങൾ എന്തിൻ്റെ ന്യൂനതയാണോ ആ പരിപൂർണമായ ഫലത്തെ കൊടുക്കുന്നതിന് തടസ്സമായിരുന്നത് ആ ന്യൂനത അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന ഇന്ന അതിൻ്റെ ഫലം പറഞ്ഞല്ലോ അതാണ് അതിൻ്റെ താല്പര്യത്തെ ബോധിപ്പിക്കുന്നത് ഇവിടെ പറഞ്ഞു അനുഷ്ഠിക്കേണ്ടതിൻ്റെയും അറിയേണ്ടതിൻ്റെയും എല്ലാത്തിൻ്റെയും താല്പര്യത്തെ അതിനുള്ള മാനസികമായ ബലം ആത്യന്തികമായി അതും അതിനെ ഉപാസിക്കുക അതിനെ സ്വായത്തമാക്കുക ഉപാസിച്ചാൽ അത് സ്വന്തമാകും അങ്ങനെ സയോബലം ബ്രഹ്മി തിവത് ബലസികതം തത്ര സീതാ കാമചാരോഭോതി അതിനെ പഴയ ബലത്തിലൂടെ നിനക്ക് ഏതുവരെ എത്താമോ അതുവരെ മുമ്പോ പറഞ്ഞതു വാക്കിലൂടെ മനസ്സിലൂടെ ചിത്രത്തിലൂടെ ഏതുവരെ എത്തിച്ചേരാമോ ബലത്തിലൂടെ എത്തിച്ചേരാം ചില ചോദിക്കുമ്പോൾ അതിനാ തത്വത്തെ അംഗീകരിച്ചാൽ പോലെ ഇവിടെ ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നുന്നു ഈ നാനാത്വത്തെ ഏകത്വത്തെ ഗ്രീക്കിൻ ഗ്രീക്കിന്റെ സ്ഥാനത്ത് നേരിട്ട ഏകത്വത്തെ ഗ്രീച്ചപ്പുരീ പല വഴികൾ എന്തിനു അത് പല ക്ലാസ്സുകളിലൂടെ അവസാന ക്ലാസ്സിലെത്താൻ പറ്റും പത്താം ക്ലാസ്സിൽ പാസ്സാവണമെങ്കിൽ ഒമ്പതും പാസ് ആവണ്ടേ നേരിട്ട് പറ്റും എവറസ്റ്റിന്റെ മുകളിൽ കയറണമെങ്കിൽ അതിനുമ്പുള്ള പല കുന്നുകളും കയറി ഇറങ്ങിയാനേ പറ്റും അല്ലെങ്കിൽ നേരിട്ട് സാധ്യമല്ല അതിന് ഒരുപാട് മലകളുണ്ട് അതെല്ലാം കയറി ഇറങ്ങും അല്ലാതെ നേരിട്ട് മേളത്തോക്കത്തില്ല അതുപോലെ ആത്യന്തികമായ ഫലം ആത്യന്തികമായ ദുഃഖം ഇവിടുത്തേക്ക് പല ഉപായങ്ങളും സ്വീകരിക്കുകയും ചെയ്തു അതുകൊണ്ടാണോ ചോദിക്കുന്നത് ഇനി മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ അസ്ഥിഭകോ ബലാദ്ഭവ ഇനി എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞത് വിട്ടുപോയത് ഉണ്ടോ കൂടുതലായി ഞാൻ ഇനി മനസ്സിലാക്കേണ്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ബലവും മനസ്സിലാക്കി തന്മ ഭഗവാൻ ദ്രവീത്തു അടുത്ത് പറയുന്നു ഇനിയും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ഇനി ഉപാസിക്കേണ്ടതുണ്ട് അന്നം ബലാദ്ഭൂയ ദരാത്രീശയാദ്യുഹ ജീവ അദ്രഷ്ട്രോത അഥ അതിോത മന്ദ അന്നുസയതി അന്നോ വയസലോകാൻ പാനവതോ വിസിധ്യതിഥമചാരോന്നേത്യുപേ अस्ति भगवः अनद्भूय इति अनन्तव भूयो अस्ति इति तन्मे भगवान प्रवीतु इति अन्नमव बलाभूय ह बलहेतुत्वा बलतनो अद ब चर्चा किया बलतने हेतु अन्नम पार्थिवमय अन्न नन पार्थिवमय ാണ് അങ്ങനെ പറയാൻ കഴിയും ഉപയോഗനിമിത്തേ പത്ത് ദിവസം അന്നം കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ കുറെ ദിവസം അന്നല്ല പത്തെന്ന് പറയുന്നു അന്ന ഉപയോഗ നിമിത്ത ഹാന് അന്നം കൊണ്ട് കിട്ടേണ്ട ബലം നശിക്കുന്നു കായബലം മനോബലം പ്രാണബലം എല്ലാം പോകുന്നു മുറിയതേ ആൾ മരിച്ചു പോകുന്നു നശയിൽ മുറിയതെ ദുഃഹജീവയെ ി മരിച്ചില്ലെങ്കിലോ പറയുന്നു ജീവി അഥവാ അധിഷ്ട അശ്രോത അമന്ത ബോധ അപ്രദ്ധ അഭിജ്ഞാന ഇതെല്ലാം സംഭവിക്കും എത്ര ബലവാനാണെങ്കിലും ശരി അന്നം ഇല്ലാതെ വരുമ്പോൾ ക്രമേണ മരണം കാര്യങ്ങൾ ക്രമമായി സംഭവിച്ചു കാണാൻ കഴിയില്ല അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ദൃശ്യന്തെഹി മാസമി അനശ്നന്തോ ജീവന്തോ അങ്ങനെ കാണാറില്ല ഒരു മാസം ഭക്ഷണം കഴിക്കാനും ചിലർ ഉപവാസം കിടക്കുന്നവർ ജീവിച്ചിരിക്കുന്ന അഥവാ സജീവൻ അങ്ങനെ ജീവിച്ചിരുന്നാൽ അഭി അധിഷ്ഠൂതി ഗുരുവരഭി തഥൈവ അശ്രോത ഗുരു പറയുന്നതും കേൾക്കത്തില്ല ഇത്യാദി പൂർവ്വവിപരീതം സർവം ഭവിക്കുക അത്യധികം ശ്രദ്ധയല്ല ഉള്ളവനാണ് യോഗ്യത ഉള്ളവനാണ് ഏകാഗ്രതയല്ലാ പക്ഷെ അന്നമില്ലാതെ എല്ലാം നശിക്കുന്നു അവനൊന്നും കേൾക്കാൻ കഴിയാതെ വരുന്നു കാണാൻ കഴിയാതെ വരുന്നു അതുകൊണ്ട് അന്നം ഉപാസിക്കുക അത് പ്രാഥമികമായ ഒരു ആവശ്യം അന്നം അതയതാ ബഹുവിനി അഹാനി അനസിതോ ദർശനാദിക്രിയാസ്വസമർദ്ദ സൻ അന്നസ് ആയി പറയും അങ്ങനെ വളരെ ദിവസം ഭക്ഷണം കഴിക്കാതി പട്ടിണി കിടന്നു കാണലും കേൾക്കലും എല്ലാം പോയി മരണത്തോടടുത്തും ഒന്നും കാണുന്നില്ല ഒന്നും കേൾക്കുന്നില്ല പറയാറില്ലേ വിശപ്പ് വന്നിട്ട് കണ്ണു കാണാൻ വയ്യ എന്ന് പറയുന്നത് പോലെ വാസ്തവത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു കണ്ണ് കാണാതാകുമ്പോൾ അന്നം ലഭിച്ചാലോ അന്നസ്യായി ആഗമനം ആയോ അന്നസ്യപ്രാപ്തി ആ അവസ്ഥയിൽ അന്നം കിട്ടിക്കഴിഞ്ഞാൽ അന്നെ ഉപവസിച്ച് തളർന്ന് ബോധം നഷ്ടപ്പെടുമ്പോൾ നേരെ കൊണ്ടുപോയി ട്രിപ്പൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഉടൻ ഉണരുന്നു ഉടൻ എല്ലാം അറിയുന്നു സംസാരിക്കുന്നു പഴയ അതാണ് സി വിദ്യായിശ്രമണ പറയുന്നു അന്നം പ്രാപ്തമാകുമ്പോ ദഷ്ടവതി ശ്രോതാ ഭവതി മന്ദാഭവതി ബോദ്ധഭവതി കർത്താഭവതി വിജ്ഞാതഭവതി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്നു അതുകൊണ്ട് ബലത്തിന് കാരണമായത് അന്നമാണല്ലോ അത് സ്പഷ്ടമാണ് ബലത്തിന് കാരണം അന്നം തന്നെ ം ഉപാസിക്കുക അന്നത്തെ ഉപാസിക്കുക അന്നത്തിൻ്റെ സ്വരൂപത്തെ ഗ്രഹിക്കുക അന്നമെങ്ങനെയാണ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെങ്ങനെ സഹായിക്കുന്നു അന്നം എങ്ങനെ ബലത്തെ ഉണ്ടാക്കുന്നു അന്നത്തെ ഉപാസിക്കുന്നവൻ അവൻ സദുപയോഗം മനസ്സിലാവും അന്നമാണ് ബലത്ത കൊടുക്കുന്നതെന്നു പറഞ്ഞാൽ അവൻ അന്നത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കും ദൃശ്യദേഹി അന്ന ഉപയോഗം ഉപയോഗി ദർശനാദി സാമൃഥ്യന്നത അപ്രാപ്തവും ഇതി അന്നം ഉപാസ ഇത് സാധാരണ കാണുന്നുണ്ട് അന്നം കഴിക്കുമ്പോൾ ദർശനാദി സാമർഥ്യം ഉണ്ടാകുന്നു അന്നം ഇല്ലെങ്കിൽ ഇല്ലാതെ വരുന്നു ത്തെ ഉപാസിക്കുക അന്നത്തെ എങ്ങനെയാണോ അന്നത്തെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്ന ആ രീതി അന്നത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് ഇവിടെ ശ്രുതി എങ്ങനെയാണോ അന്നത്തെ നിർദ്ദേശിക്കുന്നു ആ രീതി ബലത്തിന് കാരണമായ അന്നത് പക്ഷെ അന്നം കൊണ്ട് ചിലപ്പോൾ ബലം നഷ്ടപ്പെടുകയും ചെയ്യാം അന്നം കൊണ്ട് രോഗിയാകുന്നു അന്നം കൊണ്ട് ഈ പറയുന്നതിനെല്ലാം വിപരീതമായി സംഭവിക്കും അന്നത്തിൻ്റെ ദോഷം കൊണ്ട് അധിഷ്ഠാകും അശ്രോത ആകും അമന്ത ആകും ചില അന്ന കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ കഴിയത്തില്ല ബുദ്ധി പോകും ബുദ്ധി കെട്ടു പോവും അങ്ങനെയുണ്ടല്ലോ അന്നപാനാപികൾ അതാണ് ഉപാസനയെന്ന് പ്രത്യേകം ഉപയോഗമായ രീതിയിൽ അന്നത്തെ ഉപാസിക്കുക അതിൽ നിന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതും വ്യക്തമാക്കുന്നു യുക്താഹാരത്തെ കുറിച്ച് പറയണം ആ രീതിയിൽ അന്നത്തെ ഉപാസിക്കണം അല്ലാതെ മോശമായ കാര്യമൊന്നുമില്ല പ്രപഞ്ചമേ മിഥ്യാണ് നാമരൂപങ്ങളെല്ലാം മിഥ്യാണ് അതുകൊണ്ട് അന്നവും മിഥ്യാണ് അതുകൊണ്ട് ഞാൻ അന്നം കഴിക്കുന്നില്ല അന്നം കഴിക്കാതെ തപസ് ചെയ്യാൻ പോവുകയാണ് അന്നം തപസ്സിന് തടസ്സമാണ് എന്നെല്ലാം ചെറു വിചാരിക്കും അങ്ങനെയല്ല അന്നത്തിന് അന്നത്തിന്റെ പ്രാധാന്യമുണ്ട് അതും ഇതുകൊണ്ട് ഗുണവും ദോഷത്തെ ഒഴിവാക്കി അന്നത്തെ ഉപയോഗിക്കുക അതിനുവേണ്ടിയിട്ട് അന്നത്തെ ഉപാസിക്കുക എന്താണ് അതിന്റെ ഫലം ഫലം ച അന്നവധ പ്രഭൂത അന്നാൻ വൈസലോകാൻ പാനവധ പ്രഭൂത ഉദകാൻ അന്നപാനയോഹോ നിത്യസംബന്ധാ ലോകാൻ അഭിസിദ്ധ്യതി അന്നത്തെ ഉപാസിക്കുന്നവനാണ് സാധാരണ ഇതൊന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ പറയും സാമാന്യ മനുഷ്യർ പറയും അന്നത്തൊന്നും എന്തിക്കരുത് അങ്ങനെ എന്തിച്ചാൽ അന്നം കിട്ടാതെ വരും അത് എന്നെവിടെയും പറയും അന്നത്തൊപ്പാസിച്ചാൽ പ്രഭൂത അന്ന തനിക്കാവശ്യമുള്ള പ്രഭൂതമായ അന്നം ലഭിക്കും എന്നുവെച്ചാൽ ഈ ബലത്തിനുപകരിക്കുന്ന അന്നം ലഭ്യം മറിച്ചാണെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടും അതാണ് അതിന്റെ ഫലം ഇവിടെ പാർത്ഥിവമായ അന്നത്തെ കുറിച്ച് പറഞ്ഞു ഇനി അടുത്ത് ജലത്തെ കുറിച്ച് പറഞ്ഞു ആപ്പോവാന്ന ഭൂയ ഭൂയഭീ യാതേ അനോ ഭവിഷ്യവൃഷ്ടിർവേ ആനന്ദി आप അനം ബഹു ഭവിഷ്യ ഇമേ മൂർത്തിവീ യരിഷം യോർ യദോ മനുഷ്യ യു പശുവർ ഉപാസേതി സോ ഭ്രമേസ് ആപ്പോതി സർവാൻ കാ ൃപ്തിമാൻ യഥാ ഗതം താമചരോഭവ്രുപേ അതിഭവോഭ്യോഭൂരി അഭ്യോവസ് തന്മേ ഭഗവാൻ ബ്രമീതുയിക്ക ശ്രേഷ്ഠം എന്താണ് പറയുന്നു ആപോവ അത് ജലമാണ് അന്ന അന്നും കാരണമാണ് വ്യാധീയന് പ്രാണ ദുഃഖിനോ എപ്പോഴാണോ നല്ല വൃഷ്ടി ഉണ്ടാകുന്നു സസ്യഹിതമായ വൃഷ്ടി സസ്യത്തെ ഒന്നും നശിപ്പിക്കുന്നില്ല ശരിയായ വൃഷ്ടി ശോഭനാ വൃഷ്ടി അതില്ലാതിരുന്നാലോ തഥാ വ്യാധിന്തിരിലിഥിലൂ വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ സസ്യങ്ങൾ നശിക്കുന്നു അന്നംസരേ അല്പതരം ഭവിഷ്യീതി പറയു ആൾക്കാർ മഴ കുറവാണ് വിളവ് കുറവാണ് എല്ലാം കുറവായിരിക്കും മറ്റേ പറയാറുണ്ടല്ലോ അധ പുനഷ്ടവണ മഴ കുറവാണ് വിളവെടുപ്പ് മോശമായിരിക്കും എന്നെല്ലാം പറഞ്ഞു മറിച്ചാണെങ്കിലോ യഥാസുബിർ ഭോതി ആനന്ദിനി സൂചിക്കുന്നു സന്തോഷിക്കുന്നു ധാരാളം പുഷ്ടിയുണ്ടായി പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ വൃഷ്ടിയെ മാത്രം ആശ്രയിച്ച് അന്നമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത് ആനന്ദിനുഖിനാണാപ്രാണിനി ആൾക്കാർ ആനന്ദിക്കുന്നു സുഖിക്കുന്നു അന്നത്തന്നെ അവർ വാഴ്ക്കുന്നു അന്നത്തിൻ്റെ മഹത്വത്തെ വൃഷ്ടിയുടെ മഹത്വത്തെ അന്നം കൊണ്ടുവരുന്ന വൃഷ്ടിയുടെ മഹത്വത്തെ അതുകൊണ്ട് തന്നെ വൃഷ്ടിയും വാഴ്ത്തുന്നു അന്നത്തെ സ്തുതിക്കുമ്പോൾ അത് വൃഷ്ടിയുടെ സ്തുതിച്ചാൽ അത് അന്നത്തിന്റെ സ്തുതിയായി അന്നം ഉണ്ടാകുന്നത് അവര് പറയും അന്നം ബഹുപ്രഭൂതം ഭക്ഷണ അന്നത്തിന് മുട്ടുണ്ടാകത്തില്ല ധാരാളം അന്നം ഉണ്ടാകും അപസംഭവതുകൊണ്ട് ജലത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത് മൂർത്തൂർ മൂർത്തി ഭേദാകാരണതീ മൂർത്തം പൃഥ്വി ഇതന്തരീക്ഷം ഇവിടെ പറയുന്നു മൂർത്തമായ അന്നത്തെ കുറിച്ചാണ് മൂർത്ത മൂർത്തി ഭേദാകാരണതീതി മൂർത്തായി ഓരോ ശരീരരൂപത്തിനും ഭരണമിശരിക്കുന്ന അന്നമാണ് മനുഷ്യ ശരീരം മൃഗശരീരം നേരത്തെ ഇവിടെ പറഞ്ഞീടപതീലികം ഈ ശരീരമായെല്ലാം ഭരണവിശരിക്കുന്ന അന്നം കാരണം മൂർത്തി ഭേദാകാരണതായി മൂർത്തായേയും പൃഥ്വിയത് അന്തരീക്ഷം എന്നെല്ലാം പറഞ്ഞ അതിനെക്കുറിച്ച് ഈ കാണുന്ന ഈ സ്ഥൂലമായി മൂർത്തമായി കാണുന്ന സർവ്വ ശരീരങ്ങളും കേവല അന്നത്തേ നല്ല ജലം അതിലൊന്നുകൂടി ഉണ്ടായതാണ് അതുകൊണ്ട് ജലത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക ജലത്ത് ഉപാസിക്കുക ഇവിടെ പരസ്പര കാര്യകാരണബന്ധമുണ്ട് ൊണ്ട് എന്നുംവാൻ കാൻ മൂർത്തിമതോ വിഷയാൻപു പറഞ്ഞതുപോലെ തന്നെ സർവാൻ കാൻ തൃപ്തിമാൻ ഭവതി യാവചാരോതി അതെന്ന പഴയതുപോലെ തന്നെ വിഷയാൻ സർവത്തെ അവൻ പ്രാപിക്കുന്നു അപ്സംഭവത്വ തൃപ്തി ജലം സന്തോഷത്തെ തരുന്നുണ്ടോ ജലമില്ലാതിരിക്കുമ്പോഴേ മനസ്സിലാവും ജലം വളരെ ആനന്ദത്തെ തരുന്നതാണ് വെള്ളം കുടിക്കാതിരുന്ന് നോക്കുക കുറച്ച് ദിവസം അത് കഴിഞ്ഞ് വെള്ളം കിട്ടുമ്പോൾ എല്ലാം ആനന്ദമായിരിക്കും ഉണ്ടാവുന്നു അപ്സംഭവത്വച്ച തൃപ്തി ജലം കാരണമാണ് അന്നവും കാരണമാണ് അമ്പുപാസന തൃപ്തിമാൻ ഭവതി ജലോപാസന കൊണ്ട് മുൻതൃപ്തിമാനായിത്തീരുന്നു മമതിയായി എന്നുവരുന്നുമാൻ അതെങ്ങനെ ആ ജലം കൊണ്ട് അന്നം അന്നം കൊണ്ട് ബലം ഇമ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് സംഭവിക്കുന്നു സിപ്പം തുടങ്ങിയ കാര്യങ്ങൾ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ അതുകൊണ്ട് ജലത്തോപാസിക്കുക ജലം മുഖ്യമാണ് അതും എന്ന് പറഞ്ഞ പോലെ യുക്താഹാര വിഹാരം എന്ന് പറഞ്ഞ പോലെ യുക്തമായ രീതിയിൽ അത് മനസ്സിലായി വീണ്ടും ജ്യോതി അസ്ഥി ഭഗവാൻ അഭ്യോഭൂ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ അവശേഷിക്കുന്നുണ്ടോ ഉപാസിക്കാൻ പറയുന്നു അഭ്യോ ആവോ ഭൂയോസ് ഇനിയുണ്ട് തന്മേ ഭഗവാൻ ഭ്രവീത്തു ഇവിടെ എന്താണ് എന്തെങ്കിലും ഉണ്ടോ അന്നത്തെക്കാൾ കൂടുതലായി പറയുന്നുണ്ട് ഇന്നതാണെന്ന് പറയുന്നില്ല ഉണ്ട് ഉപദേശത്തിൻ്റെ ഒരു രീതിയാണ് അതെന്താ ഉണ്ട് എന്ന് പറഞ്ഞത് പറയുന്നു ജിജ്ഞാസന്നോർത്ത ഉണ്ട് എന്ന് പറഞ്ഞാൽ ജിജ്ഞാസുണ്ടാവും ജിജ്ഞാസ അനന്തരമുള്ള ശ്രവണമേ ഫലം ചെയ്യത്തുള്ളൂ ഫലവത്താകത്തു അപ്പോൾ അന്നത്തെക്കാൾ വലുതായുമുണ്ട് ജലം ജലത്തേക്കാൾ വലുതായും ഉണ്ട് ഇന്നത് എന്ന് നേരിട്ട് പറയുകയല്ല ജലത്തേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് വീണ്ടും ഇവിടെ ജിജ്ഞാസ ഉണ്ടാവും എന്താ അത് ഇപ്പോൾ ബലം പറയുന്നു അപ്പോൾ ജിജ്ഞാസയിൽ നിന്നും ജിജ്ഞാസ കൊണ്ട് മനസ്സുണർന്നിരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രഹിക്കാൻ പറ്റും അത് നമ്മളിവിടെ ബലാത്കാരമായി ഇരുത്തിയിരിക്കുന്നേ പറ്റൂ കഞ്ഞു കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കും പഠിച്ചു പിടിച്ചിരിക്കും ബലാത്കാരമായിട്ടിരിക്കും പക്ഷെ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഫലമില്ല അതിനൊന്നും ഉറങ്ങുന്ന ഫലമുണ്ട കുറച്ച് സമയത്തൊക്കെ മറിച്ചതിന് ഫലമില്ല പിന്നെ ഫലം ഉണ്ടാകണമെങ്കിൽ എന്താണ് ആദ്യ ജിജ്ഞാസ ഉണ്ടാവണോ എന്താണ് ഉള്ളിൽ നിന്ന് ആന്തരികമായ ജിജ്ഞാസ ജിജ്ഞാസ സ്വയം വന്നെങ്കിൽ ചിലപ്പോൾ ജിജ്ഞാസയെ ഉണർത്തും ജിജ്ഞാസയെ ഉണ്ടാക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ രീതി ഉപദേശിച്ചത് അസ്ഥിഭവോ മദ്യൂഭിയോ എന്തെങ്കിലും ജലത്തേക്കാൾ കൂടുതലായിട്ടുണ്ടോ ഇതാ ഇന്നതാണ് ജലത്തേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ ജിജ്ഞാസ ഇല്ല അല്ലെങ്കിൽ ഉള്ള ജിജ്ഞാസ പോരാ അസ്ഥിഭവമോ അതുപോലെ ജിജ്ഞാസയാണ് പക്ഷെ അത് പോരാ അതുകൊണ്ട് വീണ്ടും ആ ജിജ്ഞാസയൊന്നുകൂടി പ്രകടമാക്കാൻ വേണ്ടി ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ വീണ്ടും എന്താ തന്മയെ ഭഗവാൻ പറഞ്ഞു തന്നാൽ അതിന് സമാധാനമായിട്ട് ജിജ്ഞാസഫലമായ അടക്കം പറയുന്നു ഇനി പറയാം എന്താണോ തേജോവ്യോഭ്യഹ യും ആഗ്രഹ്യാശമതി വർഷ്യേജം ദർശി അസേദ്ൂർ ദൃഷ്ടിഭ വിദ്യുദ്ധ്യത് ആഹ്ലാദ തസ്മാർവിദ്യോദയ വശേഷ തേജം ദർശി അഥാപത്തെ സേജോ ബ്രമേപാസ് തേജസ്വയസ തേജസ്വോ ലോകാൻ ഭാസത്തോ അപഹതമാ സിദ്ധ്യതി യാവത്തെജസോ ഗതം താമചാരോഭവതിജോ ബ്രഹ്മു അതിഭവത്തെജസോ ഭൂരിസ് തന്നെ ഭഗവാൻ ബ്രവീത് തേജോവാദ്യ തേജോവാദ് ഭൂയം തേജസവർ പരയുനെയ ജലത്തിനെക്കാളും ശ്രേഷ്ഠമായിട്ടുണ്ട് അതാണ് തേജസ് ഈ സാധാരണ ജലത്തിന് കാരണം തേജസ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സാധാരണ കാണാറുണ്ട് അഗ്നിയിൽ വെള്ളമൊഴിച്ച അഗ്നി നശിച്ചു പക്ഷെ ഇവിടെ പറയുന്ന എപ്പോഴും ജലത്തിന് കാരണം തേജസ് എന്നാണ് അതൊരു സാമാന്യ വ്യക്തിയാണ് ഒരു പ്രത്യക്ഷമായ വ്യക്തി അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം തുടക്കം അവിടെ നിന്നാണ് ആ സയൻസിന്റെ അതായത് ശരീരം ചൂടാവുമ്പം വെള്ളം വരുന്നു ഇത് തന്നെയാണ് പറയാൻ കാരണം ഉഷ്ണം കൊണ്ട് ശരീരത്തിൽ നിന്ന് വേർക്ക് ജലം വരുന്നു പറയുന്നു അതാണ് അതിന്റെ കാര്യകാരണ ബന്ധു ആ തരത്തിലാണ് ഉഷ്ണത്തിൽ നിന്ന് ജലമുണ്ടായിന്ന് പറയുന്നു ഇത് സ്വന്തം ശരീരത്തിൽ കാണുന്ന പോലെ തന്നെ ബാഹ്യമായും കാണുന്നുള്ളത് അതവിടെ പറയുന്നു കഥം കാരണമിത്യാഹ്യേജ തേജസ്സാണ് ജലത്തിന് കാരണം തസ്മ തദ്വായത് തേജുവായും ആഗ്രഹി അവഷ്ടംഭ്യ സ്വപ്ന നിശ്ചലീകൃത്യ വായും ആകാശം അഭിതപത്തി ബാഹ്യമായി എങ്ങനെയാണെന്ന് പറയുന്നു ഈ തേജസ് വായുവിനെ നിശ്ചലമാക്കിയിട്ട് എന്തുകൊണ്ട് അങ്ങനെ പറയുന്ന ശരീരം വേറൊക്കുന്നു ഫാനിട്ട് കഴിഞ്ഞാൽ ഉണങ്ങുന്നു ജലം കാണുന്നില്ല പോയി കാറ്റിനെ അവഷ്ടഭ്യ സ്വാത്മന നിശ്ചലി ഫാനെ നിശ്ചലമാക്കിയാലേ തേജസ്സിന് ജലത്തെ സൃഷ്ടിക്കാൻ പറ്റും ശരീരം വേർത്തുകൊണ്ടേയിരിക്കും ചൂടുള്ളടത്തോളം കാലം ഫാനിട്ട് കഴിഞ്ഞാലോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വായും ആഗ്രഹ്യ അഭംഭ്യ വായുവിനെ പിടിച്ചു നിൽക്കുന്നു തേജസ്വത്മന നിശ്ചലീകൃത്യ തന്നെ നിശ്ചലമാക്കിയിട്ട് വായും ആകാശം അഭിതപതി ആകാശത്തെ തപിപ്പിക്കുന്നു സർവത്തെയും തപിപ്പിക്കുന്നു വായും ആകാശം എല്ലാത്തിനെയും തപിപ്പിക്കുന്നു ആകാശം അഭിവ്യാപ്യവതി ആകാശത്തെ വ്യാപിച്ച് തപിപ്പിക്കുന്നു അന്തരീക്ഷം വരെ ചൂടായിപ്പോയി വായുവരെ ചൂടായി പോയി അത്രയും കടുത്ത ചൂടാണെന്ന് പറയുന്നത് നിശ്ചന സാമാന്യേന ജഗൻ നിത തപതി ദേഹാന വല്ലാത്ത ചൂട് ദേഹത്തെ മാത്രമല്ല അവർ നിശ്ചയിക്കുന്നത് യഥാർത്ഥ ലൗകികാഹാര ശാസ്ത്രബോധമുള്ളവരൊന്നുമില്ല സാധാരണ മനുഷ്യരും പറയും സന്തപതി സാമാന്യനാ മൊത്തം ചൂട് ചുട്ടു പഴുക്കുന്നു ലോകം മുഴുവൻ ചുട്ടു ശരീരവും ചൂടായിരിക്കുന്നു അതുകൊണ്ടെന്താണ് വർഷശിതി മഴയിപ്പോൾ പെയ്യും ചൂട് കൂടിയാൽ മഴ എത്രമാത്രം ചൂട് വർധിക്കുന്നു വേനൽ വർദ്ധിക്കുന്നു അത്രമാത്രം മഴയും തുടർന്നു എന്തായി ചൂടിനെ തുടർന്ന് മഴയുണ്ടാവുന്നു ജലമുണ്ടാവും അന്തരീക്ഷം ചൂടാവുമ്പോൾ വൃഷ്ടിയുണ്ടാവും ആ യുക്തിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഒരു കാരണമാണല്ലോ ചൂട് കാരണമായ ജലത്തിന് കാരണം തേജസ്സാണ് തേജൈവ തത്പൂർവം ആത്മ ഉദ്ഭൂതം ദർശിക്കും അത് അനന്തരം ആ ബഹസ് തേജസ് ആദ്യം സ്വയം തന്നെ തന്നെ പ്രകടമാകും പ്രകടമാക്കിയിട്ട് പിന്നെ ജലത്തെ പ്രകടമാക്കും എന്നുവെച്ചാൽ ആദ്യം നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു അത് കഴിഞ്ഞ് പിന്നീട് വേർപ്പ് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ബാഹ്യമായി ചൂട് അനുഭവപ്പെടുന്നു മഴ അനുഭവപ്പെടുന്നു ജലം അനുഭവപ്പെടുന്നു പരസ്പര കാര്യഭാവം ഉണ്ടല്ലോ ഉദ്ഭൂതം ദർശിക്കും പ്രകടമാകും അത് അനന്തരം അപാസിക്കുക അതോ അപ്സൃഷ്ട സ്വാദ്ദേഹം അതുകൊണ്ട് ജലത്തെ സൃഷ്ടിക്കുന്നതുകൊണ്ട് തേജസ് ജലത്തിന് കാരണമാണ് അതുകൊണ്ട് ജലത്തെ ഉപാസിച്ചാൽ വീണ്ടും ഉപാസിക്കാൻ ശേഷിക്കുന്നു അഗ്നിയെ തേജസ്സിനെ കിഞ്ച ഏത് തേജനുരൂപേണ വർഷഹേതു ഇനി പറയുന്നു തേജസ്സിൽ നിന്നും അതിൽ നിന്നാണല്ലോ മഴ മേഘങ്ങളുണ്ടാകും അതിലാണല്ലോ ഇടിയും ഉണ്ടാകും അതിനെ തുടർന്നാണല്ലോ മഴയുണ്ടാകും അവിടെയെല്ലാം തേജസ് കാരണമായി കഥം ഊർധ്വാ ഊർധ്വാമിനീ വിദ്യു തിരശ്ചി ബിശ് തിരിഗതാഭി മഹാഹ്രദന്തി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത് മഴക്കാലത്ത് മിന്നൽ പിണറുകൾ ആകാശം നിറയെ മെഡിന്ന് താഴോട്ട് താഴ്ന്ന മെയിൻലോട്ട് ആകാശത്തിൽ പരന്ന് തിരശ്ചീനമായി ഊർധ്വഗാമിയായി തിരിഗതമായി സർവത്ര എല്ലാ ഭാഗത്തേക്കും ആകാശത്ത് മിന്നലും ഇടിയും മഹാഹ്രാതാഹ സ്തനന ശബ്ദാഹരതി സർവത്ര ഇടിയും മിന്നലും കാണുന്നുണ്ട് വിദ്യുത് എന്ന് നമ്മൾ അങ്ങനെ പറയുന്നു വിദ്യുതാണല്ലോ അത് വൈദ്യുതി എന്ന് നമ്മൾ പറയുന്നു തേജസ് ആണല്ലോ സ്മാത് ദർശനാഥാഹുർ ലൗകിക വർഷമായി ഇത് കണ്ടിട്ട് ആൾക്കാർ പറയും സാധാരണ ശാസ്ത്രബോധമൊന്നും വേണ്ടത് പറയുന്നു പ്രപഞ്ചബോധം മതി ആ പ്രപഞ്ചബോധം കൊണ്ട് ആൾക്കാർ എന്താ മേഘം വരുന്നു ഇടിവെട്ടുന്നു മിന്നൽ വീസുന്നു അടുത്ത മഴ പെയ്യും ഇതൊക്കെ ഒരു സാമാന്യമായി ഗ്രഹിക്കാൻ എന്താണ് ജലത്തിന് തേജസ് കാരണമാണ് അതുകൊണ്ട് തേജ ഉപാസ തേജസ്സിനെ ഉപാസിക്കുക ഇവിടെ ജലത്തിനും അന്നത്തിനും പ്രാണിനുമെല്ലാം പരമ്പരയായി അത് കാരണമായതുകൊണ്ടാണ് നേരിട്ടല്ല അന്നം നേരിട്ട് ബലത്തെ കൊടുക്കുന്നു ജലം നേരിട്ട് ബലത്തെ കൊടുക്കുന്നു തേജസ് പരമ്പരയായിട്ട് കാരണമായി തീരുന്നു േസ് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ തേജസ് അല്ലാതെ തേജോ ഭൂയോ അസ്ഥിതി തന്മേ ഭഗവാൻ ബ്രവീത്താണോ അതെന്ന് ഉപദേശിച്ചു ആകാശോജസ്വയാൻ ആകാശേ വൈ സൂര്യ ചന്ദ്രമസോഭനക്ഷത്രയത് ആകാശോ ആകാശ പ്രതിശൃണോതി ആകാശേ രമത്തെ ആകാശേരമത്തെ ആകെ ജാതം അഭിജാത ആകാശം ഉപശയേ സാശം ബ്രമേത്യുപാസ് ആകോ വയസലോകാൻ പ്രകാശവോ സബാധാന്വത്തോ അഭി സിദ്ധ്യത്തിയ കാമചാരോഭവം ബ്രമേത്യുപേ അതിഭകൂയ വായ ഭൂയോ അതി കണ്ണീ ഭുവാൻ ബ്രവീത്തേജസാസനഫലം തേജസ്വീ വൈഭവതി തേജസ്വദോകാൻ ഭാസ്ത പ്രകഹത്തമസ് ബാഹ്യധ്യാത്മക തമസ്കാവിധ്യതി ആ തേജസ് ഉപാസനയുടെ ഫലം പറയണവൻ തേജസ്വാൻ ഭവതി അങ്ങനെ അങ്ങനെ അല്ലേ പരത്തുള്ളു തേജസ്വത നോക്കാൻ ഭാസ്വത പ്രകാശോ തേജസ് ഇവിടെ എല്ലായിടത്തും മനസ്സിലാക്കണം ഉപാസിക്കണമെന്ന് വെച്ചാൽ എല്ലാം ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറയണം അത് വിട്ടുപോലെ ഓരോന്നിനെയും ബലത്ത് ഉപാസിക്കാമെന്ന് വെച്ചാൽ ബലത്ത് ബ്രഹ്മമായി ഉപാസിക്കും സർവത്ര ചേർത്തോളാണ് എൻ്റെ അടുത്തത് ആവർത്തിക്കുന്നതിന് വെറുതെ ബ്രഹത്ത് ഉപാസിച്ചപ്പോൾ ആദ്യം ഭാഷകാലം പറഞ്ഞു എങ്ങനെയാണോ പ്രതിമയും വിഷ്ണുവിനും ഉപാസിക്കുന്നത് ഇതോരോന്നിനി അങ്ങനെ അപ്പോൾ ബ്രഹ്മമായിട്ട് ഉപാസിക്കുകയെന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്താണെന്ന് അറിയില്ലല്ലോ അറിയത്തവനെങ്ങനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കും ഇപ്പൊ ബൃഹത്തായി മഹത്തായി ശ്രേഷ്ഠമായി അതിനുപാസിക്കും അതാണ് ഇവിടെ ഈ ശ്രേഷ്ഠത എന്നുള്ള പറയുന്നത് അല്ലാതെ വസ്തു ശ്രേഷ്ഠമായത് കൊണ്ടല്ല ഇത് ഓരോന്നിനായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഒന്നിനേക്കാൾ മറ്റൊന്നും ശ്രേഷ്ഠമെന്ന് പറയാനില്ല ശരീരത്തിൽ ശ്രേഷ്ഠമായിരിക്കും അത് പക്ഷേ എന്നിട്ട് ശ്രേഷ്ഠമെന്ന് എന്തുകൊണ്ട് കാരണം ഇവിടെ പറയുന്നത് ഈ ഓരോന്നിനെയും ശ്രേഷ്ഠമായി ഉപാസിക്കാനാണ് ഓരോന്നും ശ്രേഷ്ഠമാണ് എന്തുകൊണ്ട് ഓരോന്നും ബ്രഹ്മമായിട്ടാണ് ഉപസിക്കുന്നത് ബ്രഹ്മമാണ് ശ്രേഷ്ഠം മഹത്വം മഹത്തായി ഉപാസിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ആവർത്തിച്ചാവർത്തി പറയുന്നത് ചോദിക്കുന്നതും ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ എന്തിനെ അതുപോലെ ശ്രേഷ്ഠമായി ഉപാസിക്കേണ്ട ഉണ്ടോ ശ്രേഷ്ഠമായി ഗ്രഹിക്കേണ്ട ഏതെങ്കിലും ഉണ്ടോ ശ്രേഷ്ഠമായി സ്വീകരിക്കേണ്ട ഏതെങ്കിലും ഉണ്ടോ ആധ്യാത്മികമായ ജീവിതത്തിൽ ശ്രേഷ്ഠമായി ഇനി മറ്റെന്തെങ്കിലും സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ഗ്രാഹ്യത്യാജ്യബുദ്ധിയിൽ ത്യജിക്കേണ്ടത് പലതും ഉണ്ട് ഉപേക്ഷിക്കുന്നു അതുപോലെ പ്രാധാന്യമുള്ളതാണല്ലോ ഗ്രഹിക്കേണ്ടത് അതുകൊണ്ടാണ് ഇനിയും മറ്റെന്തെങ്കിലും ഉണ്ടോ ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അപ്രകാരം ശ്രേഷ്ഠമായി ഉപാസിക്കേണ്ടതുണ്ടോ എന്നാണ് അപ്പം ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇവിടെ ഉപാസിയുമായിരിക്കുന്ന ഓരോ വസ്തുവിനുമുള്ള ശ്രേഷ്ഠതയാണ് അല്ല ഒന്നും മറ്റെന്ത ശ്രേഷ്ഠമുണ്ട് ഈ സർവത്തിലും എന്തുകൊണ്ട് ഈ ശ്രേഷ്ഠത വരുന്നു നാമത്തിൽ വന്നു പ്രാണനിൽ വന്നു ചിത്രത്തിൽ വന്നു പ്രത്യക്ഷമായി ബന്ധമില്ലാത്തതിൽ എങ്ങനെ പരസ്പര വിശ്രേഷതയെ പറയുന്ന കാരണം എല്ലാം ബ്രഹ്മമായി ഉപാസിക്കുന്നുണ്ട് ഒരു നൂലിൽ കൊരുത്തിരിക്കുന്ന മണികളെപ്പോലെയാണ് നൂലിൽ കൊരുത്തിരിക്കുന്ന മണികൾക്ക് പരസ്പരം എന്താ ബന്ധമുള്ളത് പരസ്പരം ബന്ധമുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ മാല എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുത്തന്നേ പറയത്തുള്ളൂ കേവലം ഓരോ മുത്ത് ഇതങ്ങനെയുണ്ടാവും നിങ്ങൾക്കൊരുത്തു കഴിഞ്ഞാൽ അത് മാലയായി പരസ്പരം ഒരു ബന്ധം വന്നു അത് ഓരോന്നും ചേർന്നാലേ ആ മാലയാകും ഒന്ന് പറഞ്ഞാൽ മാലയാകത്തില്ല അപ്പം മാല എന്നുള്ള നിലയ്ക്ക് ഓരോ മുത്തിനും പ്രാധാന്യമുണ്ട് ശ്രേഷ്ഠതയുണ്ട് പക്ഷേ അത് മാറ്റിയാലോ അന്നൂരിൽ നിന്ന് മാറ്റിയാലോ ഒന്നിനേക്കാൾ മറ്റൊന്ന് ശ്രേഷ്ഠമൊന്നും പറയാനില്ല എന്തുകൊണ്ട് എല്ലാ മുത്തുകളാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ശ്രേഷ്ഠത കാരണം ഇവിടെ പറയുന്ന ഓരോന്നും ശ്രേഷ്ഠമാകുന്നു ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല പരസ്പരവുമല്ല അല്ലേ ഓരോ മൊത്തം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശ്രേഷ്ഠമുള്ള പരസ്പര ശ്രേഷ്ഠമുള്ളതാണ് ഇത് പരസ്പരം എല്ലാം വേട്ട് നിൽക്കുകയാണ് ഉപാസനയെ സംബന്ധിച്ച് ആ ശ്രേഷ്ഠത വരുന്നെന്താണ് മാലയ്ക്ക് ശ്രേഷ്ഠ ഒന്നുകൊണ്ടാണ് നൂലുകൊണ്ടാണ് ആ നൂലിലൂടെ അത് മാലയായി മാറും അല്ലെങ്കിൽ ഒന്നുമല്ല തേജസ് അന്നം ജലം എന്നൊക്കെ പറയുന്നത് അതാതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല സ്നേഹ നാനാസ്തികഞ്ചന എല്ലാം തള്ളിക്കളയേണ്ട കാര്യങ്ങൾ പക്ഷെ ഇവിടെ പറയുന്നു ഓരോന്നിനും മഹത്വം പറയും ആ മഹത്വം പറയുന്നത് വീടമഹത്വമല്ല മറിച്ച് ഇതേ കൊടുത്തിരിക്കുന്ന നൂലിൻ്റെ മഹത്വമാണ് അതുകൊണ്ടാണത് മാലയായത് ഇവിടെ കൊടുത്തിരിക്കുന്ന നൂലെന്താണ് ഓരോന്നിനെയും ബ്രഹ്മമായിട്ട് ഉപാസിക്കുക അതാണ് ്രഹ്മമായിട്ട് ഉപാസിക്കുമ്പോൾ ഇതിനെല്ലാം മഹത്വം വന്നു ഈ മഹത്വത്തിൽ ഉൾപ്പെടുത്താൻ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നോ ഈ മാലയിൽ പോർക്കാൻ ഇനി ഏതെങ്കിലും മുത്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇതിലോട്ട് ചേർത്താലേ അത് മഹത്വമാകത്തുള്ളൂ വെറുതെ അന്നം ജലം തേജസ്സെന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിനും മഹത്വം അസർവ്വസാധാരണമല്ലേ സർവ സാധാരണമായ പ്രപഞ്ചഘടകങ്ങളാണ് പക്ഷെ ഇവിടെ അതിന് മഹത്വം വേണമെങ്കിൽ എന്ത് വേണം ഉപാസിക്കുന്നു എങ്ങനെയെങ്കിലും ഉപാസിച്ച പോലെ ബ്രഹ്മമായി ഉപാസിക്കുന്നു സർവത്ര അതുണ്ട് ബ്രഹ്മമായി ഉപാസിക്കുമ്പോൾ നാരദം മനസ്സിലാക്കുന്നു ഇത് മഹത്വം ഉള്ളതാണ് എന്താ നാരദതിനൊന്നും കുറിച്ച് അറിയത്തില്ലായിരുന്നു പഞ്ചഭൂതങ്ങളെ കുറിച്ച് സർവശാസ്ത്രങ്ങളെയും അധ്യയനം ചെയ്ത ഈ വിവരങ്ങളൊന്നും പക്ഷെ ഇവിടെ സനത് കുമാരൻ പ്രത്യേകിച്ച് ഉപദേശിക്കുകയാണ് ഇത് ഇതിൽ ഭൗതികമായ പല കാര്യകാരണ ബന്ധങ്ങളും സത്യങ്ങളും എല്ലാം മന്മകളുമുണ്ട് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ബ്രഹ്മമായിട്ട് ഉപാസിക്കുക ബ്രഹ്മബുദ്ധി ഇതിൽ ഓരോന്നിനും വരിക എല്ലായിടത്തും വിജ്ഞാനത്ത് ഉപാസിക്കുക അധ്യാനത്ത് ഉപാസിക്കുക സർവത്ര അതുണ്ട് ബ്രഹ്മവുമായിട്ട് ഉപാസിക്കുക അപ്പം ഇത് ഓരോന്നും മഹത്വമുള്ളതാണ് ഒന്നിൻ്റെ മഹത്വം മനസ്സിലാകുന്നു ആദ്യം പറഞ്ഞു നാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഭൂ ഇനി എന്തെങ്കിലും ഉണ്ടോ മഹത്വമുള്ളതായിട്ട് എന്നുവെച്ചാൽ ഇതുപോലെ ഉപാസിക്കത്തക്കതായിട്ട് എന്നാ അപ്പോൾ ഈ മുത്തുകളെ എങ്ങനെയാണോ അതിൽ പുരത്തിരിക്കുന്ന മാല മഹത്വപ്പെടുത്തുന്നത് മുത്തുകൾക്കില്ലാത്ത സ്ഥാനം മാലയ്ക്കുണ്ട് വെവ്വരെ കിട്ടാത്ത മഹത്വമാണ് മാല എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്നത് അതുപോലെ ബ്രഹ്മ ഉപാസന ബ്രഹ്മം എന്നുള്ള രീതിയിൽ ഉപാസിക്കുന്നിടത്താണ് മഹത്വം അതിന്റെ ആധിക്യത്തെയാണ് ഓരോ തവണയും ഇനിയെന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പറയുന്നു ഇനിയുമുണ്ട് ഇനി പറയുന്നതും ഇനി പറയേണ്ടതായിട്ടും ഉണ്ട് പലതും ഇത്രമാത്രമല്ല ഉപാസിക്കുന്നത് ഇനിയുമുണ്ട് ഏതിനെയും അങ്ങനെ ഉപാസിക്കും എന്നാ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അത് മനസ്സി വെച്ചുകൊണ്ട് വേണം ഇതിനും മനസ്സിലാക്കേണ്ടത് ധ്യാത്മികമസ് തേജസ്സിന്റെ ഫലത്തെ കുറിച്ച് പറയുമ്പോഴാണ് തേജസ്വീ വയസ തേജസ്വതോ ലോകാൻ ഭാസ്വത്തോ അപഹതമസ്കാൻ അഭിസിതി തേജസ്സിനെ ഈ തേജസ്സാണെന്ന് അറിഞ്ഞുകൊണ്ടത് എങ്ങനെയാണ് അപഹത്തെ തമസ്കം അന്ധകാരമില്ല ഇല്ലാതാകുന്ന എങ്ങനെ അപ്പോ ആ തേജസ്സിനെ മഹത്തായിട്ട് ഉപാസിക്കും ബ്രഹ്മമായിട്ട് ഉപാസിച്ചാലേ ഈ ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പഹത്തെ തമസ്കത്തുള്ളൂ ഉള്ളിലെ അന്ധകാരം മാറത്തുള്ളു അതാണ് ഫലമായി പറയും മഹത്വമുള്ളതായിരിക്കും ഒന്നിനും മറ്റൊന്ന് കാരണമെന്നോ ഒന്നും മറ്റൊന്നും ഉണ്ടായതും എന്ന് വിചാരിച്ച് മഹത്വം ആകത്തൊന്നുമില്ല കാര്യത്തിന് മഹത്വം കാരണത്തിന് മഹത്വം അങ്ങനെയൊന്നും ഒരിടത്തും നിർണ്ണയിക്കാൻ വയ്യ മഹത്വം എവിടെയും പ്രകടമാകാം കാര്യത്തിനും പ്രകടമാവാം കാരണത്തിനും പ്രകടമാകാം എന്തേലും പ്രകടമാകാതിരിക്കാം എന്ത് പക്ഷെ ഇവിടെ സർവത്തിനും മഹത്വമുണ്ട് ഓരോന്നിനും എന്തുകൊണ്ട് ഇവിടെ ധർമ്മമായി ഉപാസിക്കുന്നു അങ്ങനെ വരുമ്പോൾ പ്രകാശ അപഹത തമസ്ക ബാക്കി ആധ്യാത്മിക അജ്ഞാനാധ്യാപനീത തമസ്ക തമസ്സിനെല്ലാം നിരാകരിച്ച് ഉപാസനാഫലം ലഭിക്കുന്നു ഇനി കൂടുതലായെന്തെങ്കിലും ഉണ്ടോ ഇനി താൻ അറിയേണ്ടതായ മഹത്വം എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോയെന്നോ ആ ചോദ്യത്തിന് താക്കി ഭൂയാൻ കൂടുതൽ ആ മഹത്വം ആ വസ്തുവിലുള്ള മഹത്വം ഉപാസനയിലുള്ള മഹത്വമാണ് മനസ്സിലാക്കേണ്ടത് ഉപാസിച്ചാലേ അതിന് മഹത്വമുള്ളൂ ഇല്ലെങ്കിൽ ഇതിനെന്താ പരസ്പര നേരിട്ട് ബന്ധപ്പെടാത്ത ഈ കാര്യങ്ങൾക്ക് എന്താ മഹത്വമുണ്ട് ആദ്യം നമ്മൾ പറഞ്ഞു നാമം ഇവിടെ പറയുന്നു പൃഥിവി എന്താ നാമത്തെക്കാൾ മഹത്വം പൃഥ്വിക്ക് അങ്ങനെ ഒരു മഹത്വത്തെ കാര്യകാരണ ബന്ധത്തിലുള്ള ഒരു മഹത്വത്തെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ഇനി ആയാസമായി മാറും പക്ഷെ രണ്ടിനും മഹത്വമുണ്ട് എന്തുകൊണ്ട് ഉപാസന എന്ന് പറയുന്ന ഒരു ചരടിൽ ഇതിനെല്ലാം കോർത്തിരിക്കും ഓരോന്നിനും മഹത്വമുണ്ട് അതുകൊണ്ട് ചോദിക്കുന്നു ഇനി മഹത്വമുണ്ടോ എന്തെങ്കിലുമുണ്ടോ പറയുന്നു ആകാശോഭാവ തേജസ്വയ ഉണ്ട് അത് ആകാശമാണ് വായുശ്രേതസ്യ തേജസ് കാരണത്തോ സ്പഷ്ടമാണ് ബാഹ്യമായി ഭൗതികമായി നോക്കുമ്പോൾ നേരത്തെ ജലത്തിന് തേജസ് കാരണമെന്ന് പറയുന്നത് പോലെ വായു ഉൾപ്പെടെയുള്ള തേജസ്സിനത് കാരണമാണ് കാരണം ഭൗതികമായൊരു കാര്യ കാരണം ബന്ധമല്ല കാരണം തേജസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പറയുന്ന ആകാശ ഇടയ്ക്ക് വായുവെന്ന് വായുവിനെ വിട്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു മഹത്വത്തെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെയാണെങ്കിൽ തേജസ് കഴിഞ്ഞ് വായുവിനെ പറയുന്നു തേജസ് കഴിഞ്ഞ് എന്തിനാകാശത്തെ പറഞ്ഞു ഭാഷകാരൻ അതുകൂടെ കൂട്ടിച്ചേർത്തത് വായു സഹ തേജസ്സ കാരണത്വ വ്യോമിനോ വായും ആഗ്രഹ്യ തേജസ്സോ വായുരതി ക്തഗീഹനോക്തേജസ് കർണഹി ലോകോദിഷ്ടം കർണത്വ വ്യോമന വായും ആഗ്രഹീതി തേജസ്വ സ്വായുധി കൃതഗീഹനോക്ത അത് പറയുന്നു വായുവിനെ പ്രത്യേകം പറഞ്ഞ് നമ്മൾ ധരിച്ചോണം ഇവിടെ അത്തരത്തിലൊരു കാര്യകാരണ ബന്ധത്തിലൂടെ മഹത്വത്തെ ബോധിപ്പിക്കാനല്ല ശ്രമിക്കുന്നു അതുകൊണ്ട് വായുവിനെ പറഞ്ഞില്ലെങ്കിലും നമ്മൾ ചേർത്തോളും തേജസിനോടൊപ്പം വായുവിനെയും പറഞ്ഞു കാരണം ഹി ലോക കാര്യോ ദൃഷ്ടം പറയുന്നത് ലൗകികമായ ദൃഷ്ടിയിൽ ഈ പറയുന്നത് ശരിക്കാണ് ഉപാസന അദൃഷ്ടിയിലല്ല പൃഥിവിക്കാൾ ശ്രേഷ്ഠമാണ് ജലം അതിനെക്കാൾ ശ്രേഷ്ഠമാണ് തേസ് അതിനെക്കാൾ ശ്രേഷ്ഠമാണ് വായു അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇതൊക്കെ ലൗകിക ദൃഷ്ടി ആ മഹത്വമല്ല ഇവിടെ ഉപാസനാ മഹത്വമാണ് അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് ലോകെ ലോകത്തിൽ കാര്യകാരണങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട് യഥാ ഘടാദിഭ്യോ മൃത് തഥാകാശ് വായു സു തേജസ് കാരണഗിതി തഥോഭൂയാണ് ലൗകിക യുക്തിയിൽ അതൊക്കെ ശരിയാണ് പാത്ര മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുപോലെ ആകാശത്ത് നിന്ന് വായു വായു നിന്ന് തേജസ് തേജസ്സിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് പൃഥിവി ഇതെല്ലാം െന്ന് പറഞ്ഞുണ്ട് അന്നൊന്നേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് പൃഥ്വി എടുക്കും അതുകൊണ്ട് അങ്ങനെ ശ്രേഷ്ഠതെ പറയാം കഥ എന്നാൽ എന്താണ് ഈ ആകാശത്തിന്റെ ശ്രേഷ്ഠത്വം കഥം എങ്ങനെയാണ് അത് ഉപാസനയിൽ വരുന്നതാണ് അതാണ് അവിടെ വിശദീകരിക്കുന്ന ആകാശയുമായി സൂര്യാ ചന്ദ്രമ സോഭു തേജോ രൂപ വിദ്യക്ഷത്രാണി അഗ്നിശ്ച തേജോ രൂപി ആകാശേ സർവസ്ഥിതി സൂര്യചന്ദ്രന്മാർ ആകാശത്തിൽ വിദ്യുത് ആകാശത്തിൽ നക്ഷത്രങ്ങൾ ആകാശത്തിൽ അഗ്നി ആകാശത്തിൽ സർവകാശത്തിലാണ് യസ് അന്തർവർത്തി ഇത്തത് അത്പം ഭൂയ ഇതര യുക്തിയിൽ നോക്കുക ഏതൊന്നാണോ മറ്റൊന്നെല്ലാം അന്തർഭവിക്കുന്നത് അന്തർഭവിച്ച് പോയതൽപ്പം ഏതാണോ അന്തർഭവിപ്പിക്കുന്നത് അത് മഹത്ത് ആ രീതിയിൽ ആകാശം സർവമഹത്താണ് ഗിഞ്ച് ആകാശേ ആഹ്വയതി ശൃണോതി അന്യുക്തം ചതിശൃോതി ആകോന്യം തമിത വി ആകൂർനഷ്ടേ പറയുന്നു ആകാശത്തിലാണല്ലോ വർത്തമാനം പറയുന്നു ഈ മാധ്യമം തന്നെ ആകാശം ആകാശത്തിലൂടെ ശബ്ദം സഞ്ചരിച്ചു പോകുന്നു മറ്റൊരാൾ ശ്രവിക്കുന്നു പറയുന്നു കേൾക്കുന്നു ആകാശനാഹ് വഴി ആകാശത്തിലൂടെയാണ് നമ്മൾ മറ്റൊരാളെ വിളിക്കുന്നത് അന്യം അന്യ ആഹു ഒരാൾ മറ്റൊരാൾ വിളിക്കുന്നു ഇത്തരം ആകാശ ചുനോതി താൻ വിളിക്കും ഒരാൾ കേൾക്കുന്നു സർവ്വ വ്യവഹാരങ്ങളും ആകാശത്തിൽ ശബ്ദം അന്യപ്രതി ചുനോതി പറഞ്ഞത് മറ്റൊരാൾ കേൾക്കുന്നു ആകാശ സർവവ്യവഹാരാസ്പദം ആകാശ രമത്തെ കരീടതി ആകാശത്തിലാണ് സർവവിനോദങ്ങളും അന്യോന്യം സർവതഥ ആകാശ വധ്വാദിപിയൊക്കെ എന്താണോ ആനന്ദിക്കുന്നതിനുള്ള ഉപാധി അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആനന്ദം സംഭവിക്കുന്നില്ല ഇതിനുള്ള ഉപാധിയാണ് ആകാശം ആകാശ ജായത്തെ ഇന്ന മൂർത്തേന അവിഷ്ടബ്ധേ ആകാശത്തിലാണ് സർവുണ്ടാകുന്നത് അതിന് താഴോട്ട് വരുന്ന വായുവാദികൾ സർവകാശത്തിലുണ്ടാകുന്നു അത് ആകാശം അഭിലക്ഷി അങ്കുരാതി ജായതേ മണ്ണിൽ നിന്നൊരു ചെടി കിളിർത്ത് വന്നു കഴിഞ്ഞാൽ നേരെ മേലോട്ടാ പോകുന്നു ആകാശത്തിലേക്കാണ് ഇന്ന പ്രതിലോമം എന്ത് ചെയ്ത് താഴോട്ട് പോകുന്നില്ല വഴിയും ആകാശമാണ് നിങ്ങളുടെ ആകാശം എന്ന് പറയുന്നത് ഈ ശൂന്യമായ ഇതിനുദ്ദേശിച്ചു പറയുകയാണ് ആകാശോ അതുകൊണ്ട് ആകാശത്തെയും ബ്രഹ്മമായിട്ട് ഉപാസിക്കുക ഉപാസിക്കണം അത് ചേർത്തിട്ടില്ലെങ്കിലും ഉണ്ട് ഇവിടെയുണ്ട് സയാകാശം ഫലശനു ആകാശവധോ വൈ വിസ്താരുക്താൻ സ വിദ്വാൻ ലോകാൻ പ്രകാശവ സ ആകാശം ബ്രഹ്മിത് ആകാശവധോ വൈ സ ലോകാൻ പ്രകാശവധോ ശോർനിബന്ധോ അന്യൂന്യ പീഡ തദ്രഹിതാൻ അസംബന്ധാൻ ഒരു ഗായകത്വ വിസ്തീർണഗതി വിസ്തീർണ പ്രചാരാൻ ലോകാൻ അഭിസിതീ തട്ടലും മുട്ടലും കൂട്ടിമുട്ടലും ഒന്നുമില്ലാത്ത ലോകത്തെത്തിച്ചാണ് സംവാദം എന്ന് വെച്ചാൽ പരസ്പര പീഠം ഈ ലോകത്തെങ്ങനെയാണ് പരസ്പര പീഠ അത് ഈ ലോകത്തിന്റെ ഒരു സ്വഭാവം കാരണം ഇവിടെ പലതുണ്ട് അതുകൊണ്ട് ഒന്നിന് മാത്രം നനഞ്ഞില്ല ഒന്നും മറ്റൊന്നുമായിട്ടെപ്പോഴും തട്ടിയും മുട്ടിയും നീക്കത്തുള്ളൂ ഒരുത്തൻ വേറൊരുത്തൻ ഭാര്യ ആയിരിക്കും എപ്പോഴും അത് ഈ ലോകത്തിന്റെ സ്വഭാവം സർവഭൂതങ്ങളുടെ ഈ സ്വഭാവം പറയുന്നു ആകാശത്തെ ഉപാസിച്ചു കഴിഞ്ഞാലോ പ്രകാശാകാശവും സംബന്ധ പ്രകാശപഥ പ്രകാശമുള്ള ലോകത്തു അതെങ്ങനെയുള്ളതാം സമ്പാദന സമ്പാദം എന്ന് വെച്ചാൽ എന്താണ് സമ്പാദവും അന്യോന്യപീഡ് രണ്ടുപേരുണ്ടെങ്കിൽ അവിടെ പീഠം ഉണ്ടാവും ആ ഗുരുവിനും ശിഷ്യനുമായാലും ശരി പരസ്പര പീഢം ഉണ്ടാവും ഗുരു ശിഷ്യന്റെ കോരായ്മകളെ കുറിച്ചകത്തേക്ക് ശിഷ്യൻ ഗുരുവിൽ പലതും ലഭിക്കണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ ഈ രണ്ടു വരുന്നിടത്തല്ല പരസ്പര പിന്നവർ ഇവിടെ പറയുന്നു അങ്ങനെ ഒരു ആകാശമുണ്ട് ഈ പീഡയൊന്നും ഇല്ലാത്ത ആകാശം രണ്ടില്ലാത്ത സ്ഥലം അന്യോന്യ പീഡാത്ത ഗ്രഹിത സംബന്ധ ഒരു ഗായകത്വ വിസ്തീർണഗതി വിസ്തീർണ പ്രചാരാൻ ലോകാനഭിസിദ്ധ്യതി ആകാശത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്ന പലയിടത്തും പറയുന്നുണ്ട് അതിന്റെ ഫലം ബ്രഹ്മപ്രാപ്തിയെന്നും പറയുന്നുണ്ട് അതുപോലെ ഇവിടെയും പറയുകയാണ് പരസ്പരം കൂട്ടിമുട്ടാൻ രണ്ടില്ലാത്തതായ അതിന്റെ വിസ്തീർണത്തിന് അളവില്ലാത്തതായ പരിമിതികളില്ലാത്ത അനന്തമായ ലോകത്തെ പ്രാപിക്കുന്നു യവത് ആകാശ്യക്ത ആകാശത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുമ്പോൾ വാസ്തു ബ്രഹ്മ ഉപാസന തന്നെ ബ്രഹ്മസൂത്രത്തിനും മറ്റെ കുറിച്ച് ഒരുപാട് ചർച്ച ആകാശം ആകാശമുള്ള ബ്രഹ്മം തന്നെയാണ് വ്യാപകത്വാദി ഗുണങ്ങൾ പറയുന്നത് ബ്രഹ്മത്തിന് ചേരുന്നതാണ് അപ്പം ആ ബ്രഹ്മപ്രാപ്തിയിലെന്താണ് അവിടെ തട്ടലും മുട്ടലും ഇല്ലാതെ രണ്ടില്ലാതെ ഏകത്വ ദർശനത്തിൽ അത്തരം പീഡകളില്ലാതായിത്തീരുന്നു അതതിന്റെ ഫലം ആകാശോപാസനയുടെ ഫലം ചോദിക്കുന്നു ആകാശദ് ഇനി മറ്റെന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ ഇതുപോലെ മഹത്വമുള്ളത് അനുപാസിക്കുന്നത് തന്നേ ഭഗവാൻ പ്രവീത്ത് ഒന്ന് പറഞ്ഞാലും ോ നൈക്കുരൻ യഥാത്ത സ്മരൂ അധ ശൃയുരഥമരൻ സ്മരണേ വൈ പുത്രാൻ വിജാതി പശൂൻ സ്മരമുശ്രീതി സമരം ബ്രഹ്മു സ്മരസി കാമചാരോഭവതിയസ്മരം ബ്രഹ്മേസ്മരാദ്ഭൂയ സ്മരാദ്സ്തിന് മേ ഭഗവാൻ ബ്രവീത്